ആറു ദിവസത്തിനുള്ളിൽ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും പിന്നീട് അർഷിന്മേൽ സ്ഥാപിതനാവുകയും ചെയ്ത അള്ളാഹുസുബഹാനഹൂവത്തായാല ആണ് നിങ്ങൾ രക്ഷിതാവ് അവൻ രാത്രിയെ പകലിന്മേൽ പുതപ്പിക്കുന്നു പകൽ രാത്രിയെ വേഗത്തിൽ പിന്തുടരുന്നു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവൻറെ കൽപ്പനയാൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു സൃഷ്ടിപ്പും കൽപ്പനയും അവൻറേതു മാത്രമാകുന്നു ലോകരക്ഷിതാവായ അള്ളാഹുസുബഹാനുഹൂവത്തായാല അനുഗ്രഹപൂർണനായിരിക്കുന്നു